തീർച്ചയായും അവിശ്വസിക്കുകയും അള്ളാഹു സുബാനഹു വറ്റഹാലയുടെ മാർഗ്ഗത്തിൽ നിന്നും അവിടെ തങ്ങുന്നവനും നാടോടിയും ഒരുപോലെയാക്കി നാം ജനങ്ങൾക്കായി നിശ്ചയിച്ച മസ്ജിദുൽ ഹറാമിൽ നിന്നും തടയുന്നവർക്കും അവിടെ അക്രമത്തിലൂടെ വഴിപഴയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേദനയേറിയ ശിക്ഷയിൽ നിന്നും നാം രുചിപ്പിക്കും